ഐഹിക ജീവിതത്തെയും അതിന്റെ അലങ്കാരങ്ങളെയുമാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലം അതിൽ വച്ചു തന്നെ അവർക്ക് ഞങ്ങൾ പൂർണമായി നൽകുന്നതാണ് അവിടെ അവർക്ക് യാതൊരു കുറവും വരുത്തുകയില്ല